അദ്ധ്യായം മുപ്പത്തിയൊന്ന് ലൊക്മാൻ മക്കയിൽ അവതരിച്ചത് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് കൂടിയുള്ള വചനങ്ങളിൽ ഇസ്രായേല്യരിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന ലൊക്മാനെ സംബന്ധിച്ചും അദ്ദേഹം സ്വപുത്രന് നൽകിയ തത്വോപദേശത്തെ സംബന്ധിച്ചും പരാമർശിച്ചിട്ടുള്ളതിനാലാണ് ഈ അധ്യായത്തിന് അദ്ദേഹത്തിന്റെ പേർ നൽകപ്പെട്ടത് ുറഹ്ർ അലിഫുല്ലിൽ ചുൽഖി ചബിൽ ഹീം തത്വസമ്പൂർണമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ അത്രേ അവഹ്മിൽ മുഹസിനീൻ സദ്വൃത്തർക്ക് മാർഗദർശനവും കാരുണ്യവും അത്രേ അത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ളവരായിരിക്കുകയും ചെയ്യുന്നവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മാർഗദർശനമനുസരിച്ച് നിലകൊള്ളുന്നവരത്രേ അവർ അവർ തന്നെയാണ് വിജയികൾ യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്കുവാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അത്തരക്കാർക്കാണ് അപമാനകരമായ ശിക്ഷുള്ളത് അത്തരം ഒരാൾക്ക് നമ്മുടെ വചനങ്ങൾ ഓദിക്കേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞുകളയുന്നതാണ് അവനത് കേട്ടിട്ടില്ലാത്ത പോലെ അവന്റെ ഇരു കാതുകളിലും അടപ്പുള്ളതുപോലെ ആകയാൽ നീ അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കുള്ളതാണ് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകൾ അവർ അതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമത്രേ അത് അവനാകുന്നു പ്രതാപിയും യുക്തിമാനും خَلَقَ السَّمَاوَاتِ بِغَيْرِ عَمَدٍ تَرَوْنَهَا وَأَلْقَى فِي الْأَرْضِ رَوَاسِيَ أَن تَمِيدَ بِكُمْ وَبَثَّ فِيهَا مِنْ كُلِّ دَابَّةٍ وَأَنزَلَ مِنَ السَّمَاءِ مَاءً فَأَنبَتْنَا بِهِ فَأَنبَتْنَا فِيهَا مِنْ كُلِّ زَوْجٍ كَرِيمٍ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാതരം ജന്തുക്കളെയും അവൻ പരത്തുകയും ചെയ്തിരിക്കുന്നു ആകാശത്തുനിന്ന് നാം വെള്ളം ചൊരിയുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാ സസ്യജോടികളെയും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്നു എന്നാൽ അവനു പുറമെയുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാകുന്നു നാം തത്വജ്ഞാനം നൽകുകയുണ്ടായി നീ അള്ളാഹുവോട് നന്ദി കാണിക്കുക ആർ നന്ദി കാണിച്ചാലും തൻ്റെ ഗുണത്തിനായി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത് വല്ലവനും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു എന്ന് നാം അനുശാസിച്ചു തന്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്റെ കുഞ്ഞുമകനെ നീ അള്ളാഹുവോട് പങ്കുചേർക്കരുത് തീർച്ചയായും അങ്ങനെ പങ്കുചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവന് ഗർഭം ചുമന്ന് നടന്നത് അവന്റെ മുലകുടി നിർത്തുന്നതാകട്ടെ രണ്ടു വർഷം കൊണ്ടുമാണ് എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം ും നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത് ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക പിന്നെ എന്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് يا بني انها ان تكمث قال حبه من خردل فتكون في صخره فتكون في صخره او في السماوات او في الارض ياتي بها الله ان الله لطيف خبير انده كニュ مغنه تيرчаяယुम كاريم ஒரு கடுகுமணியோட தூக்கம் உள்ளதாய் இருந்தாலும் എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മുമാകുന്നു എന്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതത്രേ അത് നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൽ തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും അരുത് ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമത്രേ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 അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ പ്രത്യക്ഷവും പരോക്ഷവുമായ അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു വല്ല അറിവോ മാർഗദർശനമോ വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥമോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ മനുഷ്യരിലുണ്ട് അള്ളാഹു അവതരിപ്പിച്ചതിന് നിങ്ങൾ പിന്തുടരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്നിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിന്തുടരുക എന്നായിരിക്കും അവർ പറയുക പിശാജ് ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്കാണ് അവരെ ക്ഷണിക്കുന്നതെങ്കിൽ പോലും അവരതിനെ പിന്തുടരുകയോ വല്ലവനും സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന പക്ഷം ഏറ്റവും ഉറപ്പുള്ള പിടികയറിൽ തന്നെയാണ് അവൻ പിടിച്ചിരിക്കുന്നത് അള്ളാഹുവിങ്കലേക്കാകുന്നു കാര്യങ്ങളുടെ പരിണതി ും വല്ലവനും അവിശ്വസിച്ചുവെങ്കിൽ അവന്റെ അവിശ്വാസം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി വരമറിയിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അറിവുള്ളവനാകുന്നു നാം അവർക്ക് അല്പം സുഖം അനുഭവിപ്പിക്കുന്നു പിന്നെ കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹുവാണെന്ന് പറയുക അല്ലാഹുവിന് സ്തുതി പക്ഷേ അവരിൽ അധിക മനസ്സിലാക്കുന്നില്ല إلا إما في السماوات والأرض إن الله هو الغني الحميد الله وينده دعونه آغاشنغلللوم بووميلوم أولاد تيرچايا يوم الله پراشر يمكتنم تتترحانم آغن ولو أنما في الأرض من شجرت أقلام والبحر يمده من بعده سبعت أبحر والبحر يمدّه من بعده سبعة ابحر ما نفدت كلمات الله إن الله عزيز حكيم bumi lulla vriksham ellam penayayirikkum samudram mashiyavugum adinu porame eyu samudrangal adine pōṣippikkugayum cheydalum allāhu inde vajanangal eḻuti tīṟugilla tīrchayaam അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു നിങ്ങളെ സൃഷ്ടിക്കുന്നതും പുനരുജ്ജീവിപ്പിക്കുന്നതും ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനത്രേ أَلَمْ تَرَ أَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ كُلٌّ يَجْرِي إِلَى أَجَلٍ مُّسَمًّى وَأَنَّ اللَّهَ بِمَا تَعْمَلُونَ خَبِيرٌ الله रात्रि पगलिल प्रवेशिपिकुगय पगलिने रात्रिइल प्रवेशिपिकुगय चयन्नु एन नी चिंदीच नोकीटिले അവൻ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം നിർണിതമായ ഒരു അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണെന്നും നീ ആലോചിച്ചിട്ടില്ലേ കവി അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവാണ് സത്യമായിട്ടുള്ളവൻ അവനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം വ്യർത്ഥമാകുന്നു അള്ളാഹു തന്നെയാകുന്നു കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻറെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയത്രേ അത് ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട് ും പർവ്വതങ്ങൾ പോലുള്ള തിരമാല അവരെ മൂടിക്കളഞ്ഞാൽ കീഴണക്കം അള്ളാഹുവിനു മാത്രമാക്കിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ് എന്നാൽ അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തുമ്പോഴോ അവരിൽ ചിലർ മാത്രം മര്യാദ പാലിക്കുന്നവരായിരിക്കും പരമവഞ്ചകന്മാരും നന്ദി ആരെല്ലാമോ അവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയുള്ളൂ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക ഒരു പിതാവും തന്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത ഒരു സന്തതിയും പിതാവിന് ഒട്ടും പ്രയോജനകാരിയാവാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ പരമവഞ്ചകനായ പിശാജും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ ساعه وينزل الغيث ويعلم ما في الارحام وما تدري نفس ماذا تكسب غدا وما تدري نفس باي ارض تموت ان الله عليم خبير تيرчаяهم <تصفيق> اللهو بينه பக்கலானு അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ് അവൻ മഴ പെയ്യക്കുന്നു ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല താൻ ഏത് നാട്ടിൽ വച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു